പ്രതിപാസ്ത്രണിശ്ച സമാനം അജദാ തോമസ് ശ്രുതി ശ്രവസ്മസിനേതാ സകല ഏകലിതപുഷ്പത്മവിശ്വാസ സ്വയം കച്ചൂ ഹന്ത കർമ്മനുഷ്ഠാന നമ്മളെ യോഗേ മനസ്സിൽ തോമം ആത്മാവലോകനം ശ്രുതിമൃത്തി പ്രതിപന്ന ശ്രുതിമൃട്ട ശ്രവ കേൾക്കുക എന്നുള്ളത് എന്താണ് കേൾക്കുന്നത് എങ്ങനെയാണ് കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ അസ്മത്ത സലോറി എന്നു കേട്ടിട്ട് എന്നുവെച്ചാൽ ഭഗവാന്റെ ഉപദേശം അർജുനൻ കേട്ടിട്ട് അതാണ് കേട്ടിട്ട് വിപ്രതിഫലന വിശേഷത പ്രതിഫലന വിശേഷ രൂപത്തിലാണ് എന്ന് ആ മൃതത്വത്തെ സ്വതിമുറിപ്രതില ഭഗവാൻ നിന്നും കേട്ടിട്ട് വിശേഷരൂപത്തിൽ ആത്മതത്വത്തെ അറിയാം രംഗത്തെ കരീശിയിൽ പ്രതിബന്ധ ഉദ്ദേശ പ്രകൃത അനുപയുക്ത അപ്രകൃത വൈദിക വാക്യവിരോധാർത്ഥത ഭ്രമം ശ്രദ്ധ വയസ്സ് യുദ്ധശ്ശതി ശ്രുതി ശ്രവണ ഇവിടെ ശ്രുതി പറയുന്ന ശ്രവണമെന്നുണ്ടർത്തം വന്നു അത് രാമായ പറയുന്നതിന്റെ താല്പര്യം ഭ്രാന്തര ഈ പ്രകടനത്തിൽ ഒരിക്കലും യോജിക്കാത്തതായ ഒരർത്ഥം പറഞ്ഞു ശ്രുതി വിപ്രതിപന്ന ശ്രുതി എന്ന് പറഞ്ഞാൽ വേദന വിപ്രതിപന്ന വി എന്ന് പറയുന്നതിന് വിരോധാർത്ഥമാണ് വിശിഷ്ടം എന്നുള്ള അർത്ഥമാണ് വ്യാമീയമായിട്ടും ഉപസ്രദമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു രാമായു ഇവിടെ നല്ല അർത്ഥത്തേക്ക് വിശിഷ്ട അർത്ഥത്തെ അത് ശങ്കരാചാര്യ നിഷേധാത്മകമായ അർത്ഥത്തിൽ വേദത്തിൽ നിന്ന് വേദമൊക്കെ കേട്ട് ബുദ്ധി ഏടാക്കിപ്പോയാ എന്നുള്ള അർത്ഥം എടുത്ത് കർമ്മങ്ങളെ കുറിച്ചും കർമ്മഫലങ്ങളെ കുറിച്ചും സ്വർഗങ്ങളൊക്കെ കേട്ട് ്രമമാണ് ഇവിടെ അതെല്ലാം മനസ്സുപതി പ്രകൃത അനുഭവിക്കും ഒരു ശബ്ദത്തിനർത്ഥം പറയുമ്പോ ആ പ്രകരണങ്ങൾ നോക്കാം അങ്ങനൊരു ശബ്ദത്തിന്റെ ഒരു അർത്ഥം പറയാം നീന്തെല്ലോ തർക്കും ശ്രവണം എന്ന് പറഞ്ഞാൽ വേറെ ശ്രവണമാകും പക്ഷേ അത് ഈ സ്ഥിതപ്രഞ്ഞ ലക്ഷണം പറയാൻ പോവുകയാണ് അവിടെ യോജിക്കുന്ന കാര്യം ഈ പ്രകൃതത്തിൽ അനുപയുക്തം ആയ അപ്രകൃത വൈകികവാക്യം വിരോധാർത്ഥത ഭ്രമം അപ്രകൃതമാണ് വൈകാക്യങ്ങളുടെ വിരോധാർത്ഥതയാണ് ഇവിടെ പറയുന്നത് വേദവാക്യങ്ങളിൽ ആത്മീയമായി സ്വീകരിക്കാൻ വയ്യാതെ പല കാര്യങ്ങളും പറയാം അതാണ് സർവവും കർമ്മഫലം കാരണം വൈദികർത്ഥത ഭ്രമം വൈദികവാക്യ വിരോധാർത്ഥതയാണ് ഇവിടെ പറയുന്നത് പ്രതിപന്ന അവിടെ വിരോധ അതൊരു ഭ്രമമാണ് ആരുടെ ഭ്രമം ആരുടെ ശങ്കരാചാര്യ ആ ഭ്രഹത്തെ ശ്രോത ശ്രദ്ധ സ്ഥിതിച്ച ഈ പ്രകൃത അനുഭവിക്കും അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ അവിടെ വ്യാഖ്യാനിച്ചാണ് ആ പ്രകൃതത്തിനനുസരിച്ച് പിതസ്ഥിതി അപ്പൊ ശങ്കരാചാര്യരുടെ ധർമ്മത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് രാമാനുചാരിയുടെ ഭാഷയുടെ നടത്തും രാമാനുചാരിയും പറയുന്നു ആത്മതത്വം ഞാനൊക്കെ കുറിച്ചല്ല സങ്കടാലൻ പറഞ്ഞാലേ ആത്മതത്വം ഞാനോ അങ്ങനെയൊന്നും നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ഒരു ധാരണ ശങ്കരാചാര്യ പറഞ്ഞാണ് ആത്മജ്ഞാനം വേറെ ആരും പറഞ്ഞാൽ ആത്മജ്ഞാനം എന്താണ് ശങ്കരാചാര്യ ആത്മജ്ഞാനത്തെ കുറിച്ച് പറയും രാമാനുരാചാര്യരുടെ വാക്വജ്ഞാനത്തെ കുറിച്ച് പറയും അതാണ് ജ്ഞാനം എന്നുള്ള രീതിയിൽ പെട്ടിപോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല രാമാനുരാചാര്യം ആത്മജ്ഞാനം ഉണ്ടാവും ശങ്കരാചാരൊക്കെ മാത്രമാണ് ഇവിടെ ഈ വിപ്രതിഭന്നു പറയുകയോ ശ്രുതി വിപ്രതി ബന്ധം എന്ന് പറയുന്ന ശരിക്കും ശങ്കരാചാര്യ ഭ്രമിച്ചു കൊടുക്കും ശങ്കരാചാര്യന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാല് അജ്ഞാന സംശയ വിപരീയങ്ങൾ മാറിയാളാം ഇവിടെ ഇപ്പൊ ഭ്രമിച്ചിരിക്കുന്നു വിപരീയം പിടിപ്പെട്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ ഞാനി നിങ്ങളെ പറയാൻ പറ്റും ശങ്കരഭക്തന്മാർക്ക് പ്രയാസമൊന്നും തോന്നില്ല ഞാൻ രാമാനുചാര്യര് പറഞ്ഞ കാര്യം പറയുകയാണ് ശങ്കരായും ജ്ഞാനിയല്ല ഭ്രമി ആത്മ തത്വത്തെ വിശദീകരിച്ചപ്പോ ഭ്രമം പറ്റിയാണ് മാറ്റുന്നതിന് വേണ്ടി ആണ് രാമാനുചാര്യ ഒരു ഗീതയ്ക്ക് വീണ്ടും വ്യാഖ്യാൻ വേണ്ടി ബ്രഹ്മന്ദ്രനെ മാറുന്ന സാർത്വ സർവശക്തി പരമകരുണ്ാദിപി അനാഘ്രാ ഭ്രമ വിപ്രലംബ പ്രമാദാദി ദോഷചന്ത അവബന്ധോരീശ്വര ഇത് ആരുമെന്നൊക്കെ ഈശ്വരൻ നിന്ന് നേരത്തെ നേരിട്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതാണ് സർവജ്ഞൻ പറയുന്ന മൂന്ന് വിശേഷങ്ങളാണ് ഈശ്വരൻ സർവജ്ഞനാണ് സർവശക്തി സർവശക്തിയുക്തനാണ് പരമകാരം പരമകാരി ഈശ്വരന്റെ സവിശേഷത എല്ലാവരും പറയുന്നു സർവത്തിനായാലും സർവശക്തിയുള്ളതിനായാലും പരമാവധി അനാഗ്രഹ ഭ്രമം ഭ്രമം എന്ന് പറയുന്നത് സ്പർശിച്ചിട്ട് കൂടില്ല അതിന്റെ ഒരു ലേശം പോലുമില്ല അങ്ങനെയുള്ള ഒരാളാണ് ഈശ്വരൻ അങ്ങനെയുള്ള ഈശ്വരൻ പറഞ്ഞ ഒരു കാര്യത്തെ വ്യാഖ്യാരിച്ച തെറ്റിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കലസരായ ഭ്രമം പിടികൂടിയിട്ടുണ്ട് അല്ലാണ്ട് പുറത്തെടുത്ത് പറഞ്ഞു ഈശ്വരൻ എങ്ങനെയുള്ള ആളാണ് അനാഘാത ഭ്രമമാണ് അവിടെ ഭ്രമേഷം പോലും ഇപ്രലങ്കം അന്യനം പറ്റുക എന്നുള്ള ഒരു വിചാരമേ പ്രമാ ബുദ്ധിദോഷം മറന്നു പോവുക ഓർക്കാൻ കഴിയാതിരിക്കുക വിപരീതമായി ഓർത്തെടുക്കുക പറയുന്നതിനനുസരിച്ച് ഗ്രഹിക്കാൻ കഴിയാതിരിക്കുന്നത് വീഴ്ചകൾ സംഭവിക്കുക ഭൗതികമായി അതൊക്കെയും പ്രമാദം ഇതൊന്നും ഈ ചേരുന്നില്ല അപ്രമാദങ്ങൾ ഇന്ത്യ മനുഷ്യന് സംഭവിക്കുക എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ദോഷഗന്ധാ അങ്ങനെയുള്ള ദോഷം ഗന്ധം എന്ന് വെച്ചാൽ ലേശമുണ്ട് ഒരു ലേശം ദോഷം പോലും ഈശ്വരനെ കാണാൻ കഴിയിട്ടില്ല അവ്യാജ ഗന്ത്രോഹോ ഒരു വിശേഷണം ഈശ്വരന് വേറെ ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല എന്നർത്ഥം ഞാൻ കേട്ടിട്ടുണ്ട് അവ്യാജബന്ധം ആണ് ഈശ്വര അതെന്താണോ നമുക്ക് മനസ്സിലാകത്തില്ല പ്രയാസം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈശ്വരന് മാത്രം സാധിക്കുന്ന കാര്യമാണ് എന്നുവെച്ചാൽ മനുഷ്യന് സാധിക്കുന്ന കാര്യമുണ്ട് അവ്യാജബന്ധം നമുക്ക് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ശരിക്കും രക്തബന്ധമുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട് കടന്നു പോകുന്നവരോ എല്ലാ രോഗബന്ധുക്കളായി കാണാം പക്ഷേ നമ്മളോ അവരോ പരസ്പരം വ്യാജ ബന്ധുക്കൾ എന്താണ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം വ്യാജന്മാരാണ് അതറിയും പറയുന്നത് നമ്മൾ ബന്ധുക്കളാണ് പക്ഷെ വ്യാജ ബന്ധുക്കളാണ് നമ്മുടെ അടുത്ത ഒരു സുഹൃത്ത് അത് അറിയേണ്ട കാര്യം നമ്മൾ അവരിൽ നിന്നും മറച്ചു വയ്ക്കാറില്ല അപ്പൊ ബന്ധുവെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്ക് വളർന്നു വരുമ്പോ ചെറിയ അഭിപ്രായം നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും സഹോദരി സഹോദരന്മാരും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ വ്യാജ ബന്ധുക്കൾ എന്തേ ഇപ്പൊ മനുഷ്യൻ അങ്ങനെയാണ് ഇനി എന്തൊരു സുഹൃത്ത് ോഷമൊന്നും വരാത്ത കാര്യവും ഞാൻ മറച്ചു പറഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് ദോഷമുണ്ടെന്ന് ഞാൻ സംശയിച്ചാലും മറച്ചു അത് പിന്നെ സഹിക്കും എന്റെ ഇമേജിന് വേണ്ടി എന്റെ അന്തസ്സിന് വേണ്ടി എന്റെ മാന്യതയ്ക്ക് വേണ്ടി എന്റെ അടുത്ത സുഹൃത്തിനെ ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു ഇതും ചെയ്തു തുളി അപ്പൊ പിന്നെ ഞാൻ വ്യാജബന്ധമല്ലേ മനുഷ്യനങ്ങനെ സാധിക്കും അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എല്ലാ മനുഷ്യരും ഇങ്ങനെ കള്ളന്മാരായിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യന് മോറൽ ലൈസൻസിങ്ങൾ ഉണ്ടെന്നാണ് മോറൽ ലൈസൻസ് എന്നുവെച്ചാൽ മനുഷ്യൻ ശരിക്കും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോറലാണോ അല്ല ശരിക്കും മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഇമ്മോറലാണോ അതുമല്ല എന്നാൽ രണ്ടുമാണ് ഇത് രണ്ടും കൂടെ ചേർന്നതാണ് മനുഷ്യൻ എന്നുവെച്ചാൽ മനുഷ്യൻ മോറലുമാണ് ഒരേ സിനിമ മോറലുമാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ഈ പ്രസംഗത്തിലൊക്കെ പറയും വലിയ കാവ്യഭാഷയിലൊക്കെ പറയും മനുഷ്യൻ ഇങ്ങനെ എന്തോക്കെ ദിവ്യത്വം നിറഞ്ഞ ഒന്നാണ് അതിങ്ങോട്ട് പുറത്തെടുത്താൽ മതി അതൊക്കെ സാഹിത്യമാണ് സത്യമായിട്ട് ഒന്നും ഒരു കുലബന്ധം പോലും ഇല്ല മനുഷ്യൻ എപ്പോഴും ഇത് രണ്ടുമാണ് ഒന്നുകിൽ അവൻ മോറൽ ആയിരിക്കുക അല്ലെങ്കിൽ ഇമ്മോറൽ ആയിരിക്കുക അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നായിരിക്കും അതുകൊണ്ടാണ് മനുഷ്യൻ വ്യാജബന്ധുക്കളായിരിക്കുന്നത് അവ്യാജബന്ധം എന്ന് പറയുന്നത് ഈശ്വരനും മാത്രമേ ചെയ്ത് വേറെ ആർക്കും നേരത്ത് അതുകൊണ്ട് ആ പ്രയോഗം കേട്ടുകഴിഞ്ഞ ഞാനിതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു വ്യാജബന്ധം എത്ര സുന്ദരമായ ഒരു പ്രയോഗം ഈശ്വരൻ എന്നുള്ള ഒരു സങ്കല്പത്തിൽ മാത്രം യോജിക്കുന്ന ഒരു പ്രയോഗമാണ് മനുഷ്യൻ എന്നൊരു സങ്കല്പം വന്നു കഴിഞ്ഞാൽ അവിടെ അറിയപ്പെടുന്നില്ല ഞാൻ വെറുതെ എന്ന് പറയണം അല്ല ജീവശാസ്ത്രം പറയുന്നു സൈക്കോളജി പറയുന്ന എല്ലാം ഇത് ആധുനികമായി ഏത് കാലത്ത് അതിന് മനുഷ്യന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത കൊണ്ടാണ് പറഞ്ഞത് ഓരോ മനുഷ്യനും എന്താണ് ദിവ്യത്വം തുളുമ്പിയിരിക്കുന്ന എന്തോ സാധനങ്ങളാണ് മനുഷ്യനെ കുറിച്ചും മനുഷ്യപ്രകൃതിയെക്കുറിച്ച് മനുഷ്യന്റെ വ്യക്തിത്വ സവിശേഷതകളെ കുറിച്ച് അതൊരു ബോധമില്ലാതെ എന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു ഇന്നങ്ങനെയാണ് ബോധമുള്ളവർ പറയത്തില്ല നിങ്ങൾ മതപ്രഭാഷകർക്ക് ഇന്നും പറഞ്ഞുകൊണ്ടു പക്ഷേ നിങ്ങൾക്കും പറയാൻ എന്തെങ്കിലും വേണമെന്ന് മോറൽ ലൈസൻസിംഗുള്ള ഒരാൾ മനുഷ്യൻ കാരണം നമ്മളെപ്പോഴും മോറൽ ജസ്റ്റിഫിക്കേഷൻ ന്യായീകരണം നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്കറിയാം പല കാര്യങ്ങളിലും മോറലും അറിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും അതിന് ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇതാണ് തെളിവ് മനുഷ്യന് ഒരേ സമയം രണ്ടുമാണ് വ്യാജനമാണ് അ വ്യാജനമാണ് രണ്ടും അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ നമ്മൾ ജയീകരിക്കും ഉദാഹരണം പറഞ്ഞു മനസ്സിൽ ഒരാൾക്ക് കണ്ടുപിടിക്കുന്നത് തെറ്റാണെന്ന് മാറ്റണമെന്നും ആഗ്രഹമില്ല പയാള് പറയും ഇത് അവസാനമാണ് ഇനി മേലാ ഞാനത് കുടിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ എത്രവണ് പറയും പകരിക്കുന്നത് ദോഷമാണ് അങ്ങനെ ശരിയല്ലാതെ തോന്നുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയും ഇത് ലാസ്റ്റ് ഇനിയില്ല തിനാണ് മോറൽ ജസ്റ്റിഫിക്കേഷൻ തെറ്റാണെന്ന് അറിയാം പക്ഷെ അതിന് ഏതെങ്കിലും തരത്തിൽ ഇത് അവസാനത്തേതാണെന്ന് ന്യായീകരിച്ചുകൊണ്ട് അത് തന്നെ തുടരും മനുഷ്യ ആ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ് പ്രയാസമാണെന്നല്ല അസാധ്യമെന്ന് പറയുന്നു വേറെ ഉദാഹരണം പറയും നമ്മള് ചിലപ്പോ പറയുന്നതാണ് ഓ ഇതോ ഇല്ലാത്ര വലിയൊരു തെറ്റൊന്നുമല്ല പറയാറ് കാരണം നമുക്കറിയാം കള്ളം പറയുന്നത് കുട്ടിക്കാരൻ പോലെ കേക്കുകയാണ് സത്യം പറയണം പക്ഷെ നമ്മള് കള്ളം പറഞ്ഞത് നമ്മൾ സ്വയം എന്താ സമാധാനിക്കുന്നുള്ളോ ഇല്ലാത്ര വലിയൊരു തെറ്റായ ഒരു കള്ളം പറഞ്ഞെന്ന് എന്താ ദോഷം ഇത് മനുഷ്യന്റെ ജീവിതത്തെ ദയനന്ദനം സംഭവിക്കുകയും ദൈനംദിനം കള്ളം പറയുകയും എന്നിട്ട് സത്യമാണ് ആദർശം ഇനിയും സത്യം പാലിക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും കള്ളത്തിലെ നിൽക്കും സത്യത്തെ നിക്കത്തില്ല മനസ്സിലാക്കി സത്യത്തിൽ വരച്ചു നിന്ന് നമുക്ക് വലിയ വില അതിൽ കൊടുക്കേണ്ടി വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്ത് മനുഷ്യൻ നമ്മളെന്നുള്ളൊരു മനുഷ്യ ഒരു സത്യത്തെ നിക്കത്തില്ല ഒരു കള്ളത്തിലേ നിൽക്കും നേട്ടം ാഭം വിജയം സമൂഹത്തിന് സ്ഥാറ്റ് ഇതെല്ലാം കള്ളം കൊണ്ടേ നടക്കുന്നുവെന്ന് കഴിഞ്ഞാൽ നമ്മൾ സത്യത്തെ അവിടെ പരിവഴിച്ചു എല്ലാവരും അല്ല നമുക്കെന്തെങ്കിലും നേടുന്നവർ കള്ളം കള്ളമേ പറ്റും നമുക്കറിയാം സത്യം എന്താണ് പക്ഷേ നമ്മൾ അവിടെ തിരഞ്ഞെടുക്കുന്ന കള്ളത്തേല്ലാം നേട്ടം പോലെ സാധിക്കും സത്യം തേടത്തു കഴിഞ്ഞാൽ നഷ്ടം വരും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം മനുഷ്യൻ വളരെ രസകരമായ കാര്യമാണ് നല്ല പേര് സബ് പേരിന് വേണ്ടിയിട്ട് കള്ളത്തരം ചെയ്യും മനുഷ്യൻ ഇ പി ആർ വർക്കുകൾ എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയക്കാരനും പേരും ഒക്കെ ചെയ്തിരുന്നതാണ് നല്ല പേരുണ്ടാവണം അതിനുവേണ്ടി കള്ളത്തരം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രധാനപ്പെടിയാണ് ലാഭത്തിന് വേണ്ടി കള്ളങ്ങൾ പറഞ്ഞു അപ്പൊ ഇനി പറ മനുഷ്യൻ മോഡലാണ് ഇവർ ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ മനുഷ്യന് അഭിയാടി ബന്ധുവാകാൻ പറ്റും ആർക്കെങ്കിലും ഇതിനൊരു കാരണം പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് മനുഷ്യൻ ഇങ്ങനെയാണ് ണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സത്യം ധർമ്മം നീതി പക്ഷെ മനുഷ്യനാണ് അവന്റെ സൗകര്യം പോലെ ഉപയോഗിച്ചത് അവന് സത്യം ഇല്ലെന്നുള്ളതല്ല നീതി ഇല്ല എന്നുള്ളതല്ല പക്ഷേ ഇതൊക്കെ മനുഷ്യനത് അവന് അവന്റെ സൗകര്യത്തിൽ അവനത് ഉപയോഗിക്കുന്ന ഒരു മോറൽ നോക്കുന്നത് പ്രധാനമായിട്ടും ലാഭം എന്നാണ് പക്ഷേ ഈ മോറൽ റൂൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യൻ അത് വളരെ ലോജിക്കലായിട്ടുള്ള റീസൺ ഒക്കെ പ്രയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത് സമൂഹത്തിന് ഭദ്രത വേണം സമൂഹത്തിന് പുരോഗതി ഉണ്ടായിരിക്കണം സമൂഹത്തിന് ശാന്തി സമ്മാനം അതിനുവേണ്ടിയിട്ടാണ് ഈ മോറൽ റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച മനുഷ്യൻ തന്നെ ഇല്ലെങ്കിൽ ഇതിനകത്ത് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നോക്കാനൊക്കെ മനസ്സിലാവാത്ത ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ടിങ്ങനെ സംഭവമാണ് മനുഷ്യൻ എന്തുകൊണ്ടിങ്ങനെ രണ്ടുവള്ളത്തിൽ ചവിട്ടി യാത്ര ചെയ്തു അതിനു കാരണം ഇവിടെ സർവൈവൽ ഫോൺ അത് ോജിക്കൽ റോളിനെ ഓവർ റൈഡ് ചെയ്യുന്ന എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രീയം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ പരിണാമത്തിലൂടെ കൂടെ ഉണ്ടായിരിക്കുകയാണ് ഇന്നിപ്പോ മതങ്ങൾ പോലെ അംഗീകരിക്കും മനുഷ്യൻ പരിണാമ രുന്നു എന്ന് പറയുന്നത് വളരെ ദോഷം ചെയ്യുന്ന ക്രിസ്ത്യാനികൾക്കാണ് കാരണം അവര് മനുഷ്യനെ സൃഷ്ടിച്ചതിനപ്പാടുകളൊക്കെ പൊടിമൊഴി കുഴച്ചു മനുഷ്യനെ ഉണ്ടാക്കി പിന്നെ വാരിയുണ്ട് പെണ്ണിനെ ഉണ്ടാക്കി ഇങ്ങനെയുള്ള സൃഷ്ടി സിദ്ധാന്തങ്ങളൊക്കെ ഇതിനൊക്കെ ഘടകവിരുദ്ധമാണ് എവലൂഷൻ എന്നാണ് ഞാൻ ഇതെടുത്തു പറയാൻ കാരണം എല്ലാ മതങ്ങളിലും അങ്ങനെ തന്നെ നല്ല ജോൺ പോൾമാർക്കൊപ്പ രണ്ടാമൻ പരസ്യമായി പ്രഖ്യാപിച്ച് ഞങ്ങൾ എവലൂഷൻ അംഗീകരിക്കുന്നു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആധികാരിക വക്താവാണ് ബൈബിളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സൃഷ്ടിയെ സംബന്ധിച്ച് എവല്യൂഷൻ ഹ്യൂമൻ എവല്യൂഷൻ അതാണ് സ്വീകരിക്കേണ്ടത് പരസ്യമായി പറഞ്ഞത് അപ്പൊ ബൈബിളിൽ ഉണ്ടായിട്ട് പോലും ബൈബിളിന്റെ പഴയ ജീവിതത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടു എന്നിട്ട് പോലും എന്ത് ചെയ്തു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതപുരോഹിതൻ അത് അല്ല ശരി എമൂഷനാണ് ശരി അംഗീകരിക്കാൻ ഇന്ന് ഈ മതപ്രഭാഷണം നടത്തുന്ന പൊട്ട സ്വാമിമാരുടെ എത്ര പേർക്ക് അറിയും എത്ര പേർ അംഗീകരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന് ഇത് അംഗീകരിക്കുന്നതിന് മുസ്ലിങ്ങളിൽ നിന്നും നേരായിട്ട് അവർ അംഗീകരിക്കുന്നതിന് പ്രയാസം ഞാൻ അംഗീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല പൊതുവെ അവർ അത് അംഗീകരിക്കുന്നുണ്ട് നമ്മുടെ സ്വാമിമാരിൽ ഇത് അംഗീകരിക്കുന്ന എത്ര പേരുണ്ട് ഉണ്ടെങ്കിൽ അന്ന് ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന മതപ്രഭാഷണങ്ങൾ ഒരുപാട് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും പഴയ കാലത്തൊക്കെ പ്രഭാഷിച്ചവർ പോട്ടെ അവർക്ക് എവല്യൂഷനെ കുറിച്ച് ഒന്നറിയുകയും പക്ഷെ ഇന്നങ്ങനെ അല്ലല്ലോ ഇന്ന് നൂറ് ശതമാനം തെളിവുള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ എവല്യൂഷൻ മനുഷ്യൻ പരിണമിച്ചാണ് ഉണ്ടായതെന്നുള്ളത് നൂറ് ശതമാനം കാര്യമാണ് ഒരു ശതമാനം പോലും അധികം കുറവില്ല അതുകൊണ്ടാണ് അവസാനം മാപ്പാക്കേക്കാതീ എത്ര പേർക്കറിയാം ഈ മതപ്രഭാഷണം നടത്തണം പറയാൻ എത്ര പേരെ ധൈര്യപ്പെടും ഒന്നുകിൽ ആ ഭാഗം തുടത്തില്ല അല്ലെങ്കിൽ അതവർ വിശ്വസിക്കുന്നില്ല ൻ മനസ്സിലാക്കാതെ നമുക്കല്ലോ മനുഷ്യന്റെ ജീവിതത്തെ മനസ്സിലാക്കാതെ കഴിയത്തില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വെറുതെ പറയുന്നില്ല ഞാൻ നല്ല വിദ്യാസമ്പന്നരാണ് വിദ്യാസമ്പന്നരും ഞാൻ പറഞ്ഞു അക്കാഡമിക്ക് യോഗ്യതയുള്ള ചില സ്വാമിമാരെ കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോ അവർക്കിതിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല അതൊരു അന്ധവിശ്വാസമല്ലേ ഇവൻ ജീവിക്കുന്നതിന്റെ അന്ധവിശ്വാസത്തിൽ ഇവന്റെ ജീവിതവും ഇവന്റെ വേഷവും ഇവന്റെ വാക്കും എല്ലാം അന്ധവിശ്വാസമാണ് ഇവരും വിഷയം അന്ധവിശ്വാസമല്ലേ എന്താണ് ശാസ്ത്രീയം എന്താണ് അശാസ്ത്രീയം നിറ്റ രീതിയിൽ മുസ്ലിമില്ല ഒരു തീവ്രവാദി പ്രഭാഷകനാണ് ഇന്ത്യയെ പുറത്താക്കിയാലാണ് സത്യമായി ഇപ്പം മലേഷ്യയിൽ പോയി താമസിക്കുക ഇന്ത്യയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട് കള്ളപ്പണവാൾ അത് ഇതൊക്കെ ഉണ്ട് മാത്രമാണ് വല്യസ്തസ് വെച്ച് അവരോട് ഒരാളെ ചോദിച്ചു ടെലിവിഷനെ കുറിച്ച് പറഞ്ഞു അതിന് വേറും തിയറിയില്ല ഇതിപ്പോ ഒരുപാട് അത് തമാശയായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുന്നു അതിന് വെറും അതുകൊണ്ട് പൊതുവെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ മന്ത്രസപ്പൊട്ടന്മാരെന്ന് പറഞ്ഞു ഈ സ്വാമിമാരെന്ന് പറയുന്നത് ആശ്രമ പൊട്ടന്മാരാണ് വേറെ വ്യത്യാസമൊന്നും തേറി എന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെട്ട ഒരു കാര്യത്തിലാണ് തേറി എന്നുള്ളത് വെറും തേറി അങ്ങനെയൊന്നുമില്ല അതുകൊണ്ടും അറിയാത്തല്ല അപ്പോ മനുഷ്യൻ ഇങ്ങനെ മനുഷ്യനായി പരിപാലിച്ചു വന്നത് അഡാപ്റ്റേഷൻ അവിടെ അവ നോക്കിയത് എന്താണോ എങ്ങനെ അതിജീവനം നടത്താം എന്നാണ് നോക്കിയത് അവൻ നോക്കിയത് റിസൾട്ട് മാത്രം എന്നെ ഫലമുണ്ടായാൽ മുമ്പോട്ട് പോകാം അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല സത്യം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം പാലിക്കേണ്ട ഒന്നൊന്നുമില്ല ചിലപ്പോൾ അവൻ സത്യ തോളിച്ചുവെങ്കിൽ ചിലപ്പോ അതിനെ അതിശയോക്തിയോടുകൂടി പറയും ചിലപ്പോ അതിനെ വളച്ചൊടിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവി നമ്മുടെ പൂർവികനാണെന്ന് ഇപ്പൊ നമുക്ക് ജീവിത വിളിക്കാം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മരത്തിൽ കുറച്ച് പഴങ്ങൾ അവനേത് കുറച്ചുകൊണ്ട് വരുമ്പോ അവൻ ആ ആരെങ്കിലും ചോദിച്ചു അവൻ പറയാ ഇന്നി അവിടെ തന്നെ തീർന്നുപോയി എന്ന് പറയും അതുകൊണ്ട് പിറ്റേ ദിവസം അവന് വേണം അതുകൊണ്ട് സത്യത്തെ മറച്ചു വയ്ക്കാൻ പഠിച്ചാണ് കാരണം അവന് ഭക്ഷണം വേണം അവനറിയാം ഭക്ഷണം കഴി ചെയ്യാം അവനെ റിസൾട്ടാണോ അല്ലാതെ അതിന്റെ പ്രോസസ്സിനെ അവൻ ഗ്രാഹ്യമില്ല അതിനവന് ശ്രദ്ധയില്ല ഫലമില്ല അളവ് മാത്രമേ ഉള്ളൂ അപ്പൊ സത്യം എന്ന് പറയുന്നത് അവന് സംബന്ധിച്ച് ഒരു വിഷയമേയാണ് പിന്നീട് സർവൈവൽ മോഡെന്ന് പറയുക അന്ന് റോളില്ല റോൾ മോഡലായ പിന്നീടാണ് അത് റീസൺ അനുസരിച്ചിട്ടാണ് മനുഷ്യ സമൂഹം വളർന്നു വന്നപ്പോഴാണ് അതിന്റെ വിശ്വസിക്കുന്നത് അവൻ എവിടെയെങ്കിലും കുഴുകി കിടന്ന ഒരു മാലിന് കിട്ടിക്കഴിഞ്ഞാൽ അവന് അതിനെ അടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ കൊന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൂട്ടുകാരോ പറയും വളരെ കഷ്ടപ്പെട്ട് ഓടിച്ച് പിടിച്ചാണ് എന്ന് പറയുന്നത് അങ്ങനെ സ്റ്റോറി എല്ലാം ആരംഭിക്കുന്ന സ്റ്റോറികളുള്ള കഥ സത്യം അല്ല പറയുന്നത് അവന് അന്ന് മാൻ കിട്ടിയെന്ന് പറയുന്നത് സത്യമാണ് ബാക്കിയ സ്റ്റോറി ഇന്നും നമ്മൾ സ്റ്റോറി പറയും സ്റ്റോറി നമ്മൾ വിശ്വസിക്കുന്നില്ല അവന്റെ ഭാര്യയും മക്കളും ഒക്കെ അത് വിശ്വസിച്ച് കണ്ടും വിളിച്ചിരുന്നു അപ്പോൾ എന്തൊരു ധീരനാണ് എന്തൊരു ശക്തനാണ് തെറ്റിദ്ധരിപ്പിക്കും അന്നും ചെയ്താണ് കിഴക്കാണ് പഴം ഉള്ളി അവൻ പറഞ്ഞു കിട്ടി അവൻ പറയും പടിഞ്ഞാറാണെന്ന് പറയും അങ്ങോട്ടായിരുന്നു പോകാതിന് അപ്പൊ സത്യത്തെ മൂടി വയ്ക്കും മനുഷ്യവൃത്തിയോടുകൂടി പറയും തെറ്റിദ്ധരിപ്പിക്കും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്താണ് അവൻ പ്രകൃതിയോട് ഇണങ്ങി അതിജീവിച്ചതും സന്തതി പരമ്പരയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വളർന്നു വന്നവർ സമൂഹമായി പോയി ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് റോളുകൾ ഉണ്ടാക്കി കാരണം ഗോത്രങ്ങളായി പിരിഞ്ഞു നിന്നപ്പോൾ അവിടെ അവൻ പറഞ്ഞു നമ്മൾ നമ്മുടെ ഈ ഗോത്രം നമ്മൾ പരസ്പരം യോജിച്ച് കഴിക്കുന്ന സത്യസന്ധതയുള്ളവരായി എന്നാലേ മറ്റവൻ്റെ മുമ്പിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റും അങ്ങനെ സത്യം എന്നുള്ളതിനെക്കുറിച്ച് ആശയം വല്ലാതാണ് നമ്മൾ വഞ്ചിക്കാൻ പോലുള്ള പക്ഷെ അവനൊരു കാര്യം മനസ്സിലായി മറ്റവനോട് ഏറ്റുമുട്ടുമ്പോൾ കള്ളത്തരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും അതുകൊണ്ട് പറഞ്ഞു നമ്മുടെ ഉള്ളിൽ സത്യസന്ധത പുറമേ ഉള്ളവർക്ക് കള്ളത്തരമാണ് ജയിക്കണ്ട അതിജീവൻ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നതാണ് അപ്പോ അവന് രണ്ടും വന്നു സത്യം വന്നു കള്ളുമെന്ന് അത് ആവശ്യമായിരുന്നു അതിനുള്ള റോൾ മോഡലുകൾ ക്രമേണ ഇങ്ങനെയുള്ള റൂളോൾ സമൂഹത്തിൽ വന്നു വന്നു മനുഷ്യൻ സത്യസന്ധനായത് ഏതെങ്കിലും ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പിന്നീട് ബുദ്ധിയുള്ള മനുഷ്യർ ഗ്രന്ഥങ്ങളിലേക്ക് പകർത്തി എഴുതിയതാണ് ഇതാദ്യം മനുഷ്യരുടെ ഇടയിൽ അലിഖ്യതമാണ് അന്ന് എഴുതാനുള്ള സാമഗ്രികളും വരും സത്യത്തെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും പരസ്പരം ധാരണയെത്തണം ആ നമ്മൾ ഒരുമിച്ചിരിക്കണം നമ്മൾ പരസ്പരം വഞ്ചിക്കാൻ പാടില്ല വഞ്ചിച്ച് പോയി ഒരിക്കലും നമ്മൾ നമ്മളെ ഒറ്റ കൊടുക്കരുത് പക്ഷെ മറ്റവനോട് അതൊക്കെ കാണിക്കും അപ്പോൾ അനിഹിതമായ നിയമങ്ങൾ എത്രയോ കാലം സ്വീകരിച്ച് അങ്ങനെയാണ് അവൻ്റെ സത്യം നീതി ധർമ്മം ഇതെല്ലാം ഉണ്ടായി വന്ന് അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ വളർത്തിയെടുത്താണ് നിയമം കൊടുക്കുന്നത് ആധുനിക സമൂഹത്തിൽ നമ്മൾ പറയുന്ന ഫെയർലെസ് അപ്പോ മതഗ്രന്ഥങ്ങളിൽ നിന്നും മനുഷ്യൻ പഠിച്ചതല്ല മനുഷ്യന്റെ പരിചയത്തിൽ നിന്നത് മതഗ്രന്ഥങ്ങളിലേക്ക് കടന്നു വന്നു അതവൻ പരിശീലിച്ചെടുത്താണ് അതുകൊണ്ടാണ് അവനതിജീവിച്ചത് അപ്പൊ അത് ഗുണങ്ങളാണെന്ന് മനസ്സിലാക്കിപ്പോൾ നില ഗുണമെന്ന് ആഗ്രഹിച്ച് ബുദ്ധിയുള്ള ആൾക്കാർ എന്റെ രീതിയിലൊക്കെ രേഖപ്പെടുത്തി വെച്ച് അവരോട് നമ്മൾ കൃഷിമാരണോ വിശുദ്ധന്മാരും പറയും കാരണം ഇത് നല്ലതെന്നാലേ നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്ന് കണ്ടിട്ട് അല്ല ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടാരും ആദ്യകാലത്ത് സത്യവും നീതിയും ജീവിതത്തിൽ പുലർത്തിയ വായിക്കാനും പഠിക്കുന്നതിനു മുമ്പ് തന്നെ ഇത് രണ്ടും കള്ളത്തറിവ് സത്യമുള്ള മനുഷ്യൻ വളർത്തിക്കൊള്ളുന്നതാണ് രണ്ടും വളർത്തിക്കൊണ്ടു പിന്നീട് എന്ത് ചെയ്തു ആധുനിക സമൂഹമായ മൊത്തത്തിലാണ് നമുക്ക് ഫെയർനെസ് വേണം അതനുസരിച്ച് ജീവിക്കണം സമൂഹത്തിന്റെ പുരോഗതിക്ക് ഒന്നല്ല സമൂഹത്തിന്റെ ഒരുമയ്ക്ക് ഒന്നും സഹവർത്തിത്വം സൗഹാർദ്ദം നീതി എല്ലാം നടപ്പിലാക്കണമെങ്കിൽ ഫെയർനെസ് ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും പക്ഷേ മനുഷ്യങ്ങനെ ചിന്തിക്കുമ്പോ ഇതിന്റെ റോൾ മോഡെന്ന് പറയും മനുഷ്യൻ്റെ ഇതിന് പഴയ അവനെ രചിക്കുന്ന പഴയ സർവൈവൽ ബ്രെയിനാണ് ആ നമ്മുടെ ഈ ബ്രെയിനിൽ തന്നെ ചില അടിസ്ഥാനപരമായ ചില ഭാഗങ്ങൾ ആയിരക്കണക്കിന് വർഷം പകർപ്പമാണ് ക്രമേണ പരിണമിച്ചു എന്ന ഭാഗമാണ് പിന്നീട് പരിണമിച്ചുകൊണ്ടായ ചേർന്നാണ് വർക്ക് എന്ത് ചെയ്യുന്നു നമ്മുടെ ഈവർട്ടിംഗ് അതിനെ നിഷ്പ്രമമാക്കി മാറ്റി അപ്പൊ നമ്മളെ മഴയെ നമ്മൾ വന്ന് ശീലിച്ചല്ലേ വഞ്ചിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും എക്സാജറേറ്റ് ചെയ്യാനും അത് നമ്മളിപ്പോൾ വീണ്ടും കാണിക്കും കാരണം നമ്മുടെ ബ്രെയിൻ്റെ അതുകൊണ്ട് പിന്നെ മനുഷ്യനെങ്ങനെ ഫെയർ ആയിരിക്കാൻ പറ്റും അങ്ങനെയായിരിക്കാൻ പറ്റത്തില്ല മനുഷ്യനെങ്ങനെ അവ്യാജനായിരിക്കാൻ പറ്റും ഇതൊന്നും മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ മുഴുവൻ ദിവ്യത്വമാണെന്നൊക്കെ പറയും അപ്പോ ഇന്നത്തെ നമ്മുടെ റൂൾ ബുക്കിൽ ഉണ്ട് എന്താണ് ഫെയർനെസ് നോക്കുകയാണ് ഒറ്റവാക്കി പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അവ്യാജനാകാനും ശ്രമിച്ചുകൊണ്ടിരിക്കും വ്യാജനാകാനും ശ്രമിച്ചുകൊണ്ട് രണ്ടും രണ്ടോട് ചേർന്നാണ് മനുഷ്യന്റെ ജീവിതം പോകുന്നത് അതുകൊണ്ട് മനുഷ്യന് അടിസ്ഥാനപരമായി മോറലാണ് ഇമ്മോറലും ആണ് അതാണ് അതിന്റെ യാഥാർത്ഥ്യം പക്ഷെ ഒരു സമൂഹ ജീവിതത്തിൽ എല്ലാവരും തട്ടിപ്പും വെട്ടിക്കും മഞ്ചു നീതം എടുത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടും നോക്കാൻ കഴിയത്തില്ലല്ലോ അതുകൊണ്ട് മനുഷ്യരെന്തെയ്യുന്നു മോറലാവാൻ ശ്രമിക്കുന്നു പക്ഷേ നമ്മുടെ സർവൈവൽ ത്രെയിൽ ഇപ്പോഴും നമ്മളിരിക്കുന്നുണ്ട് നമുക്കത് അങ്ങനെ അങ്ങോട്ടാകാനും പറ്റത്തില്ല രണ്ടിലൂടെയാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് മനുഷ്യനൊരിക്കലും അവ്യാജനാകാൻ കഴിയും കഴിയുക നമ്മൾ നമ്മുടെ നേട്ടത്തിനു വേണ്ടിയും ലാഭത്തിനു വേണ്ടിയും എല്ലാം നമ്മൾ വ്യാജനാകും നമുക്കറിയാം അങ്ങനെ അല്ല വേണ്ട പക്ഷെ മനുഷ്യനങ്ങനെ ആകും പിന്നെ ഇത്രയും വ്യത്യാസമുള്ളൂ കുറച്ച് മനുഷ്യർ എന്നാൽ നമുക്ക് വ്യാജനാകാനുള്ള വ്യാജനായി ഇന്ന് മുന്നോട്ട് പോകാൻ പോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു കുറച്ച് മനുഷ്യർ കെയർലെസ്സായിരുന്നു നമുക്കായിരിക്കും ശ്രദ്ധിക്കുന്നേ ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ എല്ലാ നേട്ടങ്ങളും കൈവശപ്പെടുത്തുക അവരെ ചെയ്യും അതിനുവേണ്ടി ഒറ്റവരെ ഏതറ്റം വരയുമോ അത് മനുഷ്യന്റെ പ്രകൃതി എങ്ങനെയായോ അതുകൊണ്ട് ഈ പ്രയോഗം കണ്ടപ്പോഴാണ് ഞാൻ ഇത്രയൊക്കെ ചിന്തിച്ചത് എന്തുകൊണ്ട് ഈശ്വരന് മാത്രം ഇങ്ങനെ പറയുന്നു അവ്യാജ ബന്ധം അത് ഈശ്വരന് മാത്രമേ പറയൂ മനുഷ്യനൊരിക്കലും കഴിയില്ല എന്ന് ഇന്നത്തെ മനഃശാസ്ത്ര പഠനത്തിന്റെയും ജീവശാസ്ത്ര പഠനത്തിന്റെ ഒക്കെ വെളിച്ചത്തിൽ നൂറ് ശതമാനം ഉറപ്പിച്ചോടെ ഏതെങ്കിലും പുരാതന ഗ്രന്ഥത്തെഴുതി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വ്യാജബന്ധം ഇവിടേക്കൊന്നു വരുന്നു അവ വ്യാജബന്ധം ഈശ്വരൻ അസ്മസ്തഹരുടെ വയ്ക്കാൻ നീ മനസ്സിലാക്കി വിശേഷത പ്രത് അപ്പോ ഇത് ഇത്തരം ഒരു കാര്യം പറയുമ്പോ നമ്മൾ ഈശ്വരൻ എന്ന് പറയുമ്പോ നമ്മുടെ പുരാണങ്ങളിലോ സാഹിത്യങ്ങളിലോ ഉള്ള ഈശ്വരൻ ഇങ്ങനെയൊക്കെയാണോ എന്നൊന്നും ചോദിക്കരുത് അങ്ങനെയൊന്നും ചോദിക്കരുത് ഇത് അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല ഈ പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ആ സങ്കൽപ്പത്തിലുള്ള ഈശ്വരൻ ഐശ്വര ഇങ്ങനെ ആയിരിക്കും എന്നാൽ അവിടെ ഈശ്വരീയത്വം ഉണ്ടാവും എന്നുള്ള ധാരണ ഈ അത് നമ്മൾ പുരാണങ്ങളോ മറ്റെന്തെങ്കിലും ഉദാഹരണങ്ങളോ കൊണ്ടുവന്നിട്ട് ഈശ്വരനെ ചോദ്യം ചെയ്യാൻ പോലെ അങ്ങനെ ഒന്നും ഇതൊന്നും പറയാൻ കഴിയത്തില്ല ആശയപരമായി പറയുന്നത് ഈശ്വരൻ ഇങ്ങനെയാണ് ആ വ്യാജ ബന്ധമാണ് മനുഷ്യനെ പോലെ അപ്പോ ജീവിതത്തിൽ സത്യം പാലിക്കണം സത്യം പാലിച്ചേ തീരൂ എന്ന് ഉറപ്പിച്ചു പറയാൻ അവ്യാജ ബന്ധുവായ ഒരു ഈശ്വരന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ പറ്റൂ പറ്റത്തില്ല എന്നുകൊണ്ട് ഞാനീ പറയുന്നത് പോലെ മനുഷ്യനാണ് ഞാൻ സത്യത്തിന് വലിയ വിലപ്പെട്ട കൊടുക്കേണ്ടി വരും എന്ന് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കള്ളത്തിൽ വെച്ച് എന്റെ മൂല്യം വളരെ വലുതാണെന്ന് മനസ്സിലാക്കി അപ്പൊ പിന്നെ എനിക്കെങ്ങനെ പറയാൻ പറ്റുമോ സത്യം മാത്രമേ പാലിക്ക സത്യസന്ധമായി ജീവിക്കാവുക പറയുന്നതിന് എന്തെങ്കിലും ആത്മാർത്ഥം സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളാണ് ഈശ്വരൻ തുടങ്ങിയത് ഈശ്വരനത് പറയാം എന്തുകൊണ്ട് ഈശ്വരൻ്റെ വ്യാജനാണ് വലിയ കള്ളത്തരം ചെയ്തില്ലെങ്കിലും ചെറിയ കള്ളത്തരം എന്തെങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്കെങ്ങനെ പറയാൻ പറ്റും സത്യം നടത്തുന്നുണ്ടെങ്കിൽ മറ്റുള്ള പറയാൻ പറ്റും ഞാൻ ബാങ്ക് കൂടെ അടിക്കാനൊന്നും പോകുന്നില്ല ശരി ഞാൻ നിരന്തരം മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനോടൊപ്പം വ്യവഹാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കള്ളങ്ങളുടെ എണ്ണത്തിന് കൈയും കണക്കും കണക്കില്ല ഒത്തിരി കള്ളങ്ങൾ പറയും ഞാനല്ല സമൂഹത്തിൽ നിന്ന് കഴിയുന്ന അത്ര ഒറ്റപ്പെട്ട സമൂഹത്തിനോട് മിനിമം ബന്ധമാക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കള്ളങ്ങളുടെ എണ്ണം കുറവായിരിക്കും അതെൻ്റെ കള്ളത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ല പറയാൻ അവസരമില്ലാത്തതുകൊണ്ടാണ് അപ്പം നമുക്ക് അവസരം കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ കൂടുതലുള്ള വെള്ളം പറയുന്നത് അവസരം കിട്ടില്ലെങ്കിൽ എങ്ങനെ പറയും ആരോട് പറയും സത്യത്തിൻ്റെ ആയോ അങ്ങനെ അതുകൊണ്ട് മനുഷ്യന് സത്യത്തെ ഉപദേശിക്കാനുള്ള അവകാശവും അധികാരവും പിന്നെ ആരെങ്കിലും ഉപദേശിക്കില്ല അപ്പം ദൈവം അവ്യാപക പിന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത്തര ഉപദേശങ്ങളെയെല്ലാം സതുപദേശങ്ങളെയെല്ലാം ഈശ്വരന്റെ ഉപദേശമായിട്ട് അപ്പൊ നമുക്ക് ഉപദേഷ്ടാവുന്ന ചോദ്യം ചെയ്യാൻ പറ്റില്ല കളത്തരം കാണിച്ചിട്ടല്ലേ ഞങ്ങളോട് ഉപദേശിക്കുന്ന എന്ന് പറയാൻ പറ്റത്തില്ല അതിനുവേണ്ടിയിട്ടാണ് ഈശ്വരൽ നിന്നാണ് ഈ ഉപദേശങ്ങളെല്ലാം കേൾക്കുന്നത് വിശേഷതപ്പെടുത്തുന്ന വൈശിഷ്ട കത്തതാശ്രവണ സിദ്ധാന്ത വിശബ്ദ വിരുദ്ധാർത്ഥത വികാശം ശങ്കരാരയ്യ ജീവിച്ചിരിക്കുന്ന വിശബ്ദത്തിന് വിരുദ്ധാർത്ഥം ശ്രുതിയിൽ നിന്ന് വിരുദ്ധങ്ങളായ പരാജയങ്ങൾ കേട്ടുകൊള്ളാണ് അങ്ങനെ നിഷേധിക്കട്ടെ അങ്ങനെ നിഷേധിക്കുന്നതിന് വേണ്ടി വൈശിഷ്ട അങ്ങനെയല്ല ഈശ്വരൻ നിന്ന് വളരെ മേന്മയുള്ള ഉപദേശം അങ്ങനെയുള്ള ഉപദേശങ്ങൾ ഈശ്വരൻ നിന്ന് ലഭിച്ചു സിദ്ധാന്തീതി അല്ല ഈശ്വരൻ വൈരുദ്ധ്യമുള്ള കാര്യങ്ങളോ ഈശ്വരൻ പറയുന്നതെല്ലാം വളരെ വളരെ മേന്മയുള്ള കാര്യങ്ങളായി രാമാനുചാര്യന്റെ സങ്കല്പത്തിലുള്ള ഈശ്വരൻ ഈശ്വരന്റെ പൂർണ്ണതെന്ന് പറയുന്നത് മനുഷ്യനവന്റെ സങ്കല്പം കൊണ്ട് എല്ലാ പടിക്കുറവുകളും തീർത്ത് പൂർത്തിയാക്കുന്ന മറിച്ച് നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തില് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ കഴിയാതെ ഈശ്വരൻ കരുണ ഉള്ളവനാണോ എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഈശ്വരൻ സർവജ്ഞനാണോ എന്നാ എന്തുകൊണ്ട് ഇതറിഞ്ഞില്ല ഈശ്വരൻ സർവശക്തനാണോ എന്നാ പിന്നെ എന്തുകൊണ്ട് ഈ ന്യൂനതകൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടും മറിച്ച് ഇവിടെ അങ്ങനെയല്ല ആശയപരമായി ആദർശപരമായി ഈശ്വരന്റെ പൂർണതയെ സ്ഥാപിച്ചു അങ്ങനെയുള്ള ഒരു ഈശ്വരനിൽ നിന്ന് കേൾക്കുന്നത് അതിനെക്കുറിച്ചാണ് അതുകൊണ്ട് പിപ്രതിപലന പി എന്ന് വിശേഷം എന്നുള്ളത് ഇതാണ് വ്യാഖ്യാനങ്ങൾ ആശയങ്ങളെ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്ന് പറയുന്നത് ഇതുപോലെ കാരണമാണ് വിശേഷം സകല അർത്ഥേന വിശേഷോധി നിരാകാരാധീനശാസ്ത്രങ്ങളിലൊക്കെ ഉദ്ധരിക്കുന്ന ഒരു കാര്യം ധീ അല്ലെങ്കിൽ ബുദ്ധി അത് നിരാകാര പ്രത്യേകിച്ചൊരു രൂപം ഒരാകൃതില്ലാന്നെ ജലത്തെ പോലെ ജനത്തിന്റെ ആകൃതിയുണ്ട് പ്രത്യേകിച്ച് ഒരു ആകൃതിയുണ്ട് ഏത് പാത്രത്തിരിക്കുന്നു അതിന്റെ ആകൃതി ബുദ്ധിയങ്ങനെ പക്ഷെ ബുദ്ധിക്കും ആകാരമില്ലാത്ത ബുദ്ധിക്ക് ആകാരമില്ല അതങ്ങനെ അർത്ഥ വിശേഷം വിഷയങ്ങൾക്കനുസരിച്ച് അതിനും വിശേഷങ്ങളുണ്ട് കറുത്തേനും ബുദ്ധി കറുപ്പായി കാണുന്നു വെളുത്തേനും ബുദ്ധി വെളുപ്പായി കാണുന്നു ഉരുണ്ടതിന് ബുദ്ധി ഉരുണ്ടതായി എഴുതും പരന്നതിന് ബുദ്ധി പരന്നതായും ബുദ്ധിയിലെ ഈ വികാര വിശേഷങ്ങൾ വരുന്നത് വസ്തുക്കളുടെ വികാരഭേദങ്ങളുടെ അനുസരിച്ചിട്ടുണ്ട് ബുദ്ധി സ്വയം അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു രീതിയൊന്നുമില്ല ഒന്നിനെ കറുത്തറിയുന്നതിനില്ല കറുപ്പാണെങ്കിലും കറുത്തറിയും വെളുത്താണെങ്കിലും വെളുത്തറിയ അത്രയുണ്ട് അപ്പോ ഈ ലോകത്തിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് നാനാത്മങ്ങളുണ്ട് അപ്പോ വൈവിധ്യങ്ങളും നാനാത്മകങ്ങളും ഈ ലോകത്തിൽ ഉള്ളതുകൊണ്ട് ബുദ്ധി ചാര് സിദ്ധാന്തത്തിന്റെ പ്രത്യേകത ഇതൊക്കെ ബുദ്ധി സൃഷ്ടിക്കുന്നു എന്നല്ല പറയും ആശീർവാദത്തിൽ പറയുന്നു ഐഡിയലിസത്തിൽ പറയുന്നു എല്ലാം ബുദ്ധി സൃഷ്ടിക്കുന്നു ശങ്കരാചാര്യ ഏറെക്കുറെ അങ്ങനെ എന്ന് പറയും എല്ലാം നമ്മുടെ ബുദ്ധിയുടെ സൃഷ്ടിയെന്ന് പ്രപഞ്ചം വ്യക്തിയാണെന്നോ അത് തന്നെ പറയേണ്ടി വരും എല്ലാം ബുദ്ധി സൃഷ്ടിക്കുന്ന സ്വപ്നം പോലെ എല്ലാ ബുദ്ധിയുടെ സൃഷ്ടിയാണ് രാമാനുചാരി അതിനോട് അംഗീകരിക്കുന്നത് രാമാനുചാരി എന്ന് പറയുന്നത് വസ്തുക്കൾ എങ്ങനെയാണോ ബുദ്ധി അതിനങ്ങനെ തന്നെ ഗ്രഹിക്കുന്നു അത്രേ ഉള്ളൂ എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു വെളിത്തിരിക്കുന്ന ആയതുകൊണ്ടാണ് ബുദ്ധിയുടെ ജോലി അതിനെ ഗ്രഹിക്കുക എന്നുള്ളത്ര ബുദ്ധിയുടെ ജോലി എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത് വളരെ ശാസ്ത്രീയമായ രാമാനുരാജ്യന്റെ ശാസ്ത്രീയമാണ് അപ്പോ അത് ശാസ്ത്രീയമാണെന്ന് പറയുമ്പോൾ മെറ്റാഫിസിക്കലായത് ശരിയെന്ന് ശരിയല്ലെന്ന് തന്നെയാണ് മതി അത് ഒരു മെറ്റാഫിസിൽ അങ്ങനെയാണ് അങ്ങനെയും പറയാം ബുദ്ധിയുടെ സൃഷ്ടിയാണ് ഈ വിഷയങ്ങൾക്ക് ആകാരം വരുന്നത് ബുദ്ധിയിലെ സൃഷ്ടിയാണ് ബുദ്ധി അത് സൃഷ്ടിക്കുന്ന രാമാനുചാരി പറയുന്നത് ശാസ്ത്രീയമായിട്ട് ഇന്നത്തെ എന്താണ് ഇവിടെ പറയുന്നു അർത്ഥേലേ വിശേഷവും അർത്ഥങ്ങളുണ്ട് അതിന് ഓരോ അർത്ഥങ്ങളും അതിനോരോ രൂപമുണ്ട് ബുദ്ധി അതിനനുഗ്രഹിക്കുന്നു അത്രയാണ് ഈ രാമായു പറയുന്നത് ഇതിനെ ഈ ഒരു ഭാഗത്ത് മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്താണോ വസ്തുക്കൾ എങ്ങനെയുണ്ടോ ബുദ്ധി അതിനെ ഗ്രഹിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ അതിനാണ് മെറ്റീരിയലിസം ഈ ഒരു ഭാഗം ബാക്കി ഈശ്വരന്റെ കാര്യമൊന്നുമല്ല മെറ്റീരിയലിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് വസ്തുക്കൾ എങ്ങനെ നിലനിൽക്കുന്നു ബുദ്ധി അതിനെ അങ്ങനെ ഗ്രഹിക്കുന്നു എന്റെ നേരെ വിവരമെന്ന് പറയുന്നത് എന്താണോ ബുദ്ധി എങ്ങനെയാണോ അതിനനുസരിച്ച് ബുദ്ധി വസ്തുക്കളെ സൃഷ്ടിക്കരുത് എന്ന് പറയും അപ്പോ ആത്മീയതയിൽ തന്നെ ഇതൊരു വളരെ കാതലായ വ്യത്യാസം അപ്പൊ ഈ ഒരു ഭാഗത്തിൽ വന്നു കഴിഞ്ഞാൽ രാമാനുചാചാര്യ ഒരു മെറ്റീരിയലിസ്റ്റ് ഭൗതികവാദിയാണ് പിന്നെ ആത്മീയവാദിയോ അതിന്റെ എവിടെ ആത്മാവിനെ കുറിച്ച് ഈശ്വരനെ കുറിച്ച് ഇപ്പൊ കുറേ വീടത്തി ഭൗതികത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റിന്റെ ഒരു ഭൗതികവാദിയാണ് വൃത്തി സൃഷ്ടിക്കേണ്ട വസ്തുക്കൾ അവിടെ ഉണ്ട് വൃത്തിയതിനെ അറിയാം സംഖ്യ സിദ്ധാന്തം ഇതുപോലെ അപ്പൊ ഇന്നത്തെ മെറ്റീരിയലിസ്റ്റുകൾ പറയുന്ന അതേ കാര്യം തന്നെയാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ ആത്മീയത ഭൗതികത എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണ് നമ്മൾ ആധ്യാത്മികതയെ വിസിഗീകരിക്കുമ്പോൾ ആത്മീയത ഭൗതികത എന്നല്ല പറയേണ്ടത് മറിച്ച് പറയേണ്ടത് ആത്മീയത ലൗകികത എന്നാണ് അങ്ങനെയുള്ള പറയുന്നത് ഭൗതികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആത്മീയത എന്ന ഭൗതികതയിൽ പോയി ആകെ അടിസ്ഥാനപരമായി തെറ്റായി ആത്മീയവും ഭൗതികമല്ല ആത്മീയവും ലൗകികവുമാണ് ലൗകികം എന്ന് പറഞ്ഞാൽ അവിടെ മെറ്റീരിയൽസും നടത്തുന്നു ലോകവിരുദ്ധം ലൗകികം ലോകത്തിൽ പ്രസിദ്ധമായ കാര്യങ്ങൾ പറയും അതാണ് ലൗകികം എന്ന് പറയും അത് നമുക്ക് പറയാം ഏത് കാര്യങ്ങളാണ് ർവാകൽ ഭൗതികവാദിയല്ല ലൗകവാദിയാണ് പക്ഷെ മെറ്റീരിയൽസം എന്ന് പറയുമ്പോൾ പോയി അവിടെ കാതലായ ഒരു വ്യത്യാസം വരുന്നത് ഇവിടെ അതിനാണ് നമ്മള് ഭൗതികവാദം എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ ഭൗതികമായി രാമാനുചാചാര്യ മെറ്റീരിയൽ വൈകുണ്ടത്തെയും വിഷ്ണുവിന്റെയും ആത്മാവിനെയും മോക്ഷത്തെയൊക്കെ അംഗീകരിക്കുന്ന അപ്പോൾ അത് നമ്മൾ ശരിക്കും പ്രയോഗിക്കേണ്ടത് ഇങ്ങനെയാണ് എന്താണ് ഒന്ന് ആത്മീയവാദം അല്ലെങ്കിൽ ആത്മീയ കാഴ്ചപ്പാട് മറ്റൊന്ന് ലൗകികവാദം അല്ലെങ്കിൽ ലൗകികമായ കാഴ്ചപ്പാട് അതിന് പകരം ഭൗതികമെന്ന് പറഞ്ഞാൽ ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ശരിയാവും നമ്മുടെ ദർശനങ്ങൾ യോജിക്കത്തിൽ ചാർവാകൻ പോലും ഭൗതികവാദിയല്ല ലൗകികവാദിയാണ്